siva vandevi smasri sree khee aasriya sree sree smirtanam shree ജീവന ആത്മന അനുപ്രാമരൂപരവാണി അതിനെ തുടർന്നുള്ള ചർച്ച അവസാനം പറഞ്ഞു അത് സദാത്മന സർവ്വ വ്യവഹാരാണോ സർവവികാരാണെ സത്യത്വം സത്വഞ്ഞം ഇതാണ് സിദ്ധാന്തം സദാത്മാ സർവ്വ്യവഹാരമാണ് സർവ്വ വികാരണംവ്യവഹാരങ്ങളും സർവികാരങ്ങളും സത്യമാണ് സത്വത്തി സത്യം അന്യമാണ് തത്വം സത്വത്തി അനുഡതത്വം എന്താണ് അനർഥം എന്നുകൂടെ പറയുന്നു അദ്വേതത്തിൽ അനർത്ഥം എന്താണ് അന്യത്വം അതാണ് അനദം അന്യത്വം എന്ന് പറഞ്ഞാൽ ഭേദം ഭേദത്തിനാണ് അന്യത്വം എന്ന് പറയുന്നത് നാനാത്വം ഉള്ളിടത്ത് ഭേദം വരും ഏകത്തിൽ ഭേദം വരത്തില്ല സത്യ ഏകം അതിന് ഭേദമില്ല രണ്ടോളത്തെ ഭേദം വരും അന്യത്വം അല്ലെങ്കിൽ ഭേദം വരുന്നത് സത്തിൽ നിന്ന് അന്യമായിട്ടൊന്നിനെ കൽപ്പിച്ചാൽ വാസ്തവത്തിൽ പിന്നെ കൽപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ സത്വം നിന്ന് അന്യമായൊന്ന് പ്രതീകമാകുമ്പോൾ അനുഭവപ്പെടുമ്പോൾ അതിന് ഭേദം വരും സത്തിൽ നിന്നുള്ള ഭേദം അതൊക്കെയുള്ള പരസ്പര ഭേദം ഇതെല്ലാം വരും സ്വത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്ഭുതം എന്നെ പറയും എന്നത് എവിടെ ഭേദം പ്രതീതമാകുന്നുണ്ടോ എവിടെയാണോ ഭേദം അനുഭവത്തിന് വിഷയമാകുന്നുള്ളത് അതാണ് അതാണ് അർത്ഥം അല്ലെങ്കിൽ മിഥ്യാങ് അതുകൊണ്ട് അന്നതത്വം ശ്രദ്ധിക്കത്തില്ല എന്തുകൊണ്ട് അദ്വൈതമാണ് പരമാർത്ഥത്തിലേകം മാത്രമേ ഉള്ളൂ ഏകത്വമാണ് പരമാർത്ഥം പക്ഷെ പ്രതീതിയിൽ ഭേദത്തെ കാണുന്നുണ്ടെങ്കിൽ അതന്നതമാണത് മിഥ്യമാണ് സത്യമേത് അന്നതമേത് എന്ന് വിവേചിക്കുമ്പോൾ ഭേദം അനദം സത്യസത്യം അതിനു വേണ്ടിയിട്ടാണ് അത് ഇവിടെ ചർച്ച ചെയ്തത് രണ്ടും കൂടെ എങ്ങനെ എന്തിനാ രണ്ടും ആക്കത്തില്ല ഒന്ന് എന്തിനാകുന്നു വാസ്തവത്തിലൊന്നുമുള്ളൂ സത്ത് അപ്പോ നാമരൂപങ്ങളോ അത് സത്ത് നിന്ന് വേറെയല്ല അതുകൊണ്ട് ആണ് പറഞ്ഞത് സദാത്മന സർവവ്യവഹാരാണ് സർവ്വികാരാണ സത്യത്വം സത് രൂപത്തിൽ സർവുണ്ട് വിടെ നാമം രൂപമെന്ന് വേർതിരിക്കാനില്ല എന്നാൽ സർവ്വസത്വം എന്നറിയാതെ സത്യം നിന്ന് വേറിട്ട് നാമരൂപങ്ങളെ അനുഭവിക്കുകയാണെങ്കിൽ നാമരൂപങ്ങളൊരാൾക്ക് പ്രതീതിക്ക് വിഷയമാണെങ്കിൽ സത്യം എന്നുള്ള ബോധമേ ആ നാമരൂപങ്ങൾക്ക് എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് ഭേദം നാനാത്വം എന്ന് പറയുന്ന ഭേദവും തന്നെയാണ് അന്യത്വം എന്ന് പറഞ്ഞാലും ഭേദവും തന്നെ അത് സത്തിൽ നിന്ന് വേറിട്ടുള്ള ആ ഭേദപ്രതീതി അതിനാണ് അനദം എന്ന് പറയുന്നത് വാസ്തവത്തിലത് സത്ത് തന്നെയാണ് അതുകൊണ്ട് കശിഹാനമത്വം സഖ്യ അതുകൊണ്ട് തർക്കികനത്തും ഈ സിദ്ധാന്തത്തിൽ ഒരു ദോഷവും ചൂണ്ടിക്കാട്ടാൻ സാധ്യമല്ല കാരണം ഇത് സത്താണോ അവർ പറയുന്ന സത്ത സാമാന്യതൊന്നും പരമാർത്ഥമില്ല യഥാ ഇതരേതര വിരുദ്ധ ദ്വൈതപാദാഹ അതുകൊണ്ട് ഈ ദ്വൈതവാദികൾ അവർ പരസ്പരം തന്നെ നിഷേധിക്കുന്നു അവർ അദ്വൈതയ്ക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല അദ്വൈതി തൻ്റെ സിദ്ധാന്തമെന്ന് പറഞ്ഞാൽ പോലെ എന്തിന് മറ്റുള്ളവരെ നിഷേധിക്കണം അദ്വൈതി മറ്റുള്ളവരെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു മറ്റ് ദ്വൈതവാദികളുടെ നിഷേധത്തെ എടുത്ത് കാണിക്കുന്നു പരസ്പരമുള്ള നിഷേധത്തെ അദ്വൈതി എടുത്ത് കാണിക്കുന്നു അദ്വൈതിക്കായിട്ട് ആരും നിഷേധിക്കേണ്ട കാര്യമില്ല അദ്വൈതികൾ ഇങ്ങനെയാണോ ഒരാൾ ദ്വൈതവാദങ്ങൾ ഒരാൾ മറ്റുള്ള നിഷേധിക്കുന്നു എടുത്ത് പറയുന്നേ ഉള്ളൂ അദ്വൈതിക്കാര്യം ഖണ്ഡിക്കേണ്ട കാര്യം ഇല്ല സ്വബുദ്ധി വകല്പമാത്രുന്നു ഇതെല്ലാം സ്വബുദ്ധി വകല്പം സ്വബുദ്ധി കല്പന ഒരാൾക്ക് ഭാവനയില് അല്ലെങ്കിൽ കല്പനയിൽ എവിടെ വേണോത്തി ഭാവന ആർക്കും വിലം കിടാനൊക്കത്തു ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനൊക്കത്തു മനസ്സിന്റെ പൂർണമായ സ്വാതന്ത്ര്യമാണ് മനസ്സിന് ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും ഏത് വിഷയത്തെയും സംബന്ധിച്ച് അനന്തമായ ഭാവനകളുണ്ടാകും ആ ഭാവനകളാണ് ഈ ദ്വൈത വാദങ്ങളല്ല ആ തത്വനിഷ്ഠ അദ്വൈതവും മറ്റുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അദ്വൈതം തത്വനിഷ്ഠമായി തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാത്തിനെയും കാണുന്നു അദ്വൈതാദങ്ങളെല്ലാം കാണുന്നു അദ്വൈതത്തിൻ്റെ പൂർവ്വപക്ഷങ്ങളെ കാണുന്നു അദ്വൈതത്തിൻ്റെ സിദ്ധാന്തത്തെ കാണുന്നു എല്ലാം തത്വനിഷ്ഠമായിട്ടു പരമാർത്ഥത്തെയും തത്വം നിഷ്ഠമായി കാണും മിഥ്യ അല്ലെങ്കിൽ അനർഥത്തെയും തത്വനിഷ്ഠമായി കാണും അങ്ങനെ തത്വനിഷ്ഠമായി കാണുമ്പോൾ ഇവിടെ ഒന്നിനും പരസ്പര വൈരുദ്ധ്യമില്ല തത്വത്തിന് മാത്രമേ പരമാർത്ഥത്തിലുള്ള നിലയുള്ളൂ തത്വനിഷ്ഠനായ അദ്വീതിക്ക് മാത്രമേ നിശ്ചിന്തതയുള്ളൂ തത്വത്തെക്കുറിച്ചുള്ള നിശ്ചിന്തത അല്ലാത്തവരിൽ വരത്തില്ല മനസ്സിലെപ്പോഴും വികല്പങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ അതെന്തുകൊണ്ട് സംഭവിച്ചു ഇതെന്തുകൊണ്ട് സംഭവിച്ചു മനസ്സിന് സ്വദേശാന്തി ഉണ്ടാകത്തില്ല മനസ്സിന് വകല്പങ്ങൾ കൂടിയാലും ശാന്തി ഉണ്ടാകത്തില്ല മനസ്സിൽ ഭാവനകൾ കൂടിയാലും ശാന്തി ഉണ്ടാകത്തില്ല ഭാവനയ്ക്കൊരു സ്വഭാവമുണ്ട് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഭാവനകളിങ്ങനെ മാറിക്കൊണ്ടേ ചില സമയം ഭാവന സുഖത്ത് കൊടുക്കും പക്ഷെ അടുത്ത് ഭാവന ദുഃഖത്ത് കൊടുക്കും മനസ്സ് ചഞ്ചലം മനസ്സിന്റെ സൃഷ്ടിയായ ഭാവനയും ചഞ്ചലമായി ബുദ്ധിവികല്പങ്ങൾക്കെല്ലാം ഉള്ള സ്വഭാവമാണ് അവർ സ്ഥിരതയെ കൊടുക്കത്തില്ല മനസ്സിന് നിശ്ചിന്തതയെ കൊടുക്കത്തില്ല അതുവിധി തത്വനിഷ്ഠനായിരിക്കുന്നു മറ്റുള്ളവരെല്ലാം ആ തത്വം നിഷ്ഠ മറ്റാരുടെ തത്വം നിഷ്ഠരല്ല ഇത് സത്യം ഭക്തം അതുകൊണ്ട് ഇതാണോ അനുയൻ്റെ ജീവനാത്മന ആ സത് ഇതിനെല്ലാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട സത്ത് തന്നെ ജീവരൂപത്തിൻ്റെ ഇതിൽ അനുപ്രവേശം സ്വീകരിച്ചു തുടർന്ന് സൃഷ്ടി നടത്തുന്നു എന്ന സിദ്ധാന്തം ഔപനിഷത്തമായ ഉപനിഷത്ത് പറയുന്ന സിദ്ധാന്തം അതാണ് സ്വീകാര്യമായിരിക്കുന്നത് അല്ലാതെ കേവലം ബുദ്ധിയിലൂടെ ഭാവനയിലൂടെ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല തത്വചിന്തയും തത്വനിഷ്ഠയും നമ്മുടെ വ്യത്യാസം തത്വചിന്തയില് ഭാവനയിലൂടെ എന്തും പറയാം തത്വചിന്ത അത് പറയുന്നവന് തന്നെ ശാന്തി കൊടുത്തിട്ടില്ല പിന്നെ കേൾക്കുന്നവനങ്ങനെ ശാന്തി ഉണ്ടാകും അനുകൂലമായ കൽപ്പനകൾ സുഖം ഉണ്ടാക്കും പ്രതികൂല കൽപ്പന ദുഃഖത്തെ ഉണ്ടാക്കും അതുകൊണ്ട് അത് പുരുഷാർത്ഥത്തെ കൊടുക്കുന്നില്ല ശാന്തി കൊടുക്കുന്നില്ല തത്വനിഷ്ഠ അങ്ങനെയല്ല ഭാവനയല്ല ശ്രുതി സിദ്ധമാണ് അനുഭവസിദ്ധമാണ് നിഷേധിക്കാൻ സാധ്യമല്ല അടുത്ത മന്ത്രം പറയുന്നു താസാം ത്രിവൃതം ത്രിവൃതം കരവാണീതിമാസ്രോ അനേവജീവനാത്മനുപ്രശ്യ നമു വ്യകരോത് ശൈവന്തിസ്രോതീക്ഷം സ്വാത്മാവസ് പഞ്ചം സൃഷ്ടിക്കുന്നു സ്വപ്നാവസ്ഥമായിരുന്നു സ്വസ്ഥിതമായിരുന്നു എനിക്ക് സത്തിൽ സ്ഥിതി ചെയ്തിരുന്നു എങ്ങനെ സത്തായി തന്നെ സ്ഥിതി ചെയ്തിരുന്നു ആദ്വിതത്തിൽ രണ്ടാമതെന്ന് വരാൻ പാടില്ല അത് സത്തായിരുന്നു സൃഷ്ടിക്കു ശേഷം അത് ഇവിടെ സൃഷ്ടിക്കുന്ന മുമ്പുള്ള കാര്യം കൂടെയാണ് രണ്ടു തുമ്പിൽ എന്താ വ്യത്യാസം സൃഷ്ടിയിൽ പ്രതീതിയുണ്ട് സൃഷ്ടിക്കുന്ന മുമ്പ് പ്രതീതിയില്ല ആണ് വ്യത്യാസം ജ്ഞാനത്തിന് അങ്ങനെ ഇരിക്കാൻ കഴിയും തന്നെ തന്നെ നാമരൂപാത്മകമായി പ്രകാശിപ്പിച്ച് അതിനെ തന്നെ പ്രതീതിക്ക് വിഷയമാക്കി ഇരിക്കാൻ സത്തിന് കഴിയും ഇനി അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ കഴിയും നാമരൂപരഹിതമായി സുഷൃത്തിയിൽ സത്ത് നാമരൂപങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു പ്രതീതി ഇല്ലാതിരിക്കുന്നു ജാഗ്രത സ്വപ്നങ്ങൾ പ്രതീതിയോടുകൂടിയിരിക്കുന്നു ഇത് തന്നെയാണ് പ്രളയത്തിലും സൃഷ്ടിയിലും സംഭവിക്കുന്നത് ഈ പ്രതീതി ഇല്ലാതിരിക്കുന്ന അവസ്ഥ ബീജഭൂത അവ്യാകൃത എന്ന് പറയുന്നത് ഇത് കാണുന്നതിനൊരു കാരണം വേണമല്ലോ ഈ അനുഭവത്തിനൊരു കാരണം വേണം ദ്വൈതാനുഭവം അല്ലെങ്കിൽ പ്രപഞ്ചാനുഭവം അദ്വൈതത്തിൽ സംഭവിക്കാൻ പാടില്ല കാരണം ദ്വൈതാനുഭവം ദ്വൈതബോധത്തെ ഉണ്ടാകും അദ്വൈതം പറയുന്നത് ഏകമാണോ അദ്വൈമാണോ പരമാർത്ഥമാണോ അതിന് ഈ ദ്വൈതബോധം എങ്ങനെയുണ്ടായി അത് പറയുന്നത് ആ സത്ത് നിന്ന് തന്നെയാണ് സത്തിൽ നിന്ന് എങ്ങനെ വന്നു സത്തിൻ്റെ തന്നെ പ്രകടമായ ഭവം അതിനാണ് ഉദാഹരണം പറഞ്ഞത് വൃത്തും പാത്രവും സ്വർണവും വളയുമില്ല അത് അതിൽ നിന്ന് തന്നെ പ്രകടമാവും അതെങ്ങനെ സംഭവിക്കും സത്ത് ഏകമായിരിക്കുന്നു അദ്വീപമായിരിക്കുന്നു അതിൽ രണ്ടാമതെന്നുള്ള ഒരു അനുഭവം വരാൻ ചാൻസില്ലല്ലോ അതിലൊരവസരമില്ലല്ലോ എന്ന് പറയുന്നു മായ അജ്ഞാനം അതിനൊരവസരമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതാണ് സമാധാനം അങ്ങനെ മായ അവസ്ഥ അതുകൊണ്ട് ആ മായയ്ക്ക് ഇതിനെ വാസ്തവത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിന് അത് പ്രതീതമായാലും ലീനമായാലും അത് സത്ത് തന്നെയാണ് സ്വപ്നാവസ്ഥ ബീജഭൂതി അഭ്യാകൃതയെ നാമരൂപയെ വ്യാകരമാണ് ഈ നാമരൂപങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെ പ്രകടമാകും അതങ്ങനെ സംഭവിക്കുന്ന നാമരൂപങ്ങൾ ഏകമായിരിക്കുന്ന സുഷുത്തി ലേഖനായിരുന്നു നാമരൂപങ്ങളൊന്നും ഇല്ലാതിരുന്നു പക്ഷെ അവിടെ പ്രകടമായില്ലേ സ്വപ്നം നാമരൂപങ്ങളൊന്നും അതുകൊണ്ട് അവിടെ രണ്ടു വന്നു വാസ്തവത്തിനില്ല ഉണർന്നതിന് ശേഷമാണ് രണ്ടു വന്നത് അവിടെ രണ്ടു വന്നില്ല ഒന്ന് മാത്രം ഒന്ന് തന്നെ നാമരൂപങ്ങളായി പലതാണ് എന്നിട്ട് ഒന്ന് തന്നെ പലതിനെ കാണുന്നു രണ്ടിനെ കാണുന്നു അത് വരാതിരുന്നപ്പോൾ ഈ ജാഗ്രതം വരാതിരുന്നപ്പോൾ അതിനാണിവിടെ ഇവിടെ ബീജപൂജം അമ്പ്യാവൃതം അവിടെ നിന്ന് നാമരൂപങ്ങൾ പ്രകടമായി ഇത് ഈക്ഷിത്വ കാസാം ദേവദാനം ഏകൈകം ത്രിവൃതം ത്രിവൃതം കരവാണി ഇത് പ്രകടമാകണം നാമരൂപങ്ങൾ പ്രകടമാകുന്നതിനുള്ള സങ്കല്പമുണ്ടായി നാമരൂപങ്ങളായി പ്രകടമായ പോലെ പ്രപഞ്ചഘടകങ്ങളായി അതും മാറണം പ്രാപഞ്ചിക വസ്തുക്കളാകണം അതിനുവേണ്ടി എന്തു ചെയ്തു താസാം ഈ മൂന്ന് ദേവതമാരി തിസൃണ ഏകേകം ത്രിവൃതം ത്രിവൃതം പരവാണി മൂന്നാക്കി പഞ്ചീകരണത്തെ നമ്മൾ ചർച്ച ചെയ്തു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇത് കൂടിക്കണം ഒന്നായിട്ട് നിൽക്കാൻ പാടില്ല ഓരോന്നിനെയും രണ്ട് വീതമാക്കി ഒരു പകുതിയും മാറ്റിവെച്ച് ഒരു പകുതി വീണ്ടും മൂന്നാക്കി ഒന്നിനെ അവിടെ നിരത്തി രണ്ടെണ്ണത്തിനും മറ്റെണ്ണിനോട് ചേർത്തു ഇങ്ങനെ രണ്ടാക്കിയ മൂന്ന് പകുതികളെയും വീണ്ടും മൂന്നാക്കി അന്യ രണ്ടിനോടും കൂടി ചേർക്കുമ്പോൾ ത്രിവുത്കരണമായി പഞ്ചീകരണത്തിൽ അഞ്ചാക്കി അഞ്ചിനെ രണ്ടാക്കി ആ രണ്ടിന്റെ പകുതിയെ അതാസ്ഥാനത്ത് വച്ച് ബാക്കി പകുതിയെ നാലാക്കി മറ്റ് നാലിനോട് ചേർക്കുന്നു ഇവിടെ ഏകീകസ്യ ത്രിത്കരണയും ഏകീകസ്യ പ്രാധാന്യം ദയോർദ്ർ ഗുണഭാവം അങ്ങനെ വരുന്നു പൃഥിവി അപ്പൊ തേജസ് മൂന്നെണ്ണത്തിനാണ് ത്രിത്കരണം ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നിനും പ്രാധാന്യം വരും ദയോർ ദ്വോർ ഗുണഭാവവും മറ്റു രണ്ടും അതിൽ ഗൗണമാവും അപ്രധാനമാവും അഗ്നിയെ ത്രിവുത്കരണം ചെയ്യുമ്പോൾ അഗ്നിയിൽ അഗ്നിക്ക് പ്രാധാന്യം ജലത്തിനും ഗുണസ്ഥാനം അല്ല ജലത്തിന് ത്രികരണം ചെയ്യുമ്പോൾ ജലത്തിനും അഗ്നിക്കും പൃഥിക്ക് ഗുണസ്ഥാനം ജലത്തിനും മുഖ്യസ്ഥാനം ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് സംഭവിക്കുന്നു ത്രിവത്കരണയെ ഏകീകസ്യ പ്രാധാന്യം ഓരോന്നിനും പ്രാധാന്യം വരുന്നു യോർ ഗുണഭാഗവും മറ്റു രണ്ടും അപ്രധാനമാകുന്നു അല്ലെങ്കിലോ മൂന്നാക്കോ എന്ന് പറഞ്ഞാൽ അന്യത ഹി രജോമ ഏകമീവത്തിൽ കന്നസ്യ ഇത് കയറുണ്ടാക്കുന്നവരെയല്ല കയറുണ്ടാക്കുന്നതിന് എന്ത് ചെയ്യുന്നു ആദ്യം മൂന്ന് ഇഴകളുണ്ടാക്കുന്നു മൂന്ന് പള്ളികൾ എന്നിട്ട് അതിൽ തിരിച്ചൊന്നാക്കുന്നു അവിടെ മൂന്നും മൂന്നായിട്ട് ഇന്നെ ഇരിക്കും പക്ഷെ മൂന്നും കൂടെ ചേർന്ന് ഒന്നായോ ഇരിക്കും കയറിൻ്റെ പ്രത്യേകിച്ച് കാണാൻ പോകുന്നു പക്ഷെ അതിന് മൂന്നും അംശങ്ങളുണ്ട് ഘടകങ്ങളുണ്ട് ഇവിടെ അതുപോലെയല്ല ഇത് മൂന്നും പരസ്പരം കൂടി ചേർന്നിട്ട് വീണ്ടും മൂന്നായി തിരിക്കുന്നു കയറിനൊക്കെ വല്ല കയറിൽ മൂന്ന് ഇഴകളും ഉണ്ട് ആ സമയം മൂന്നു കൂടെ ചേർന്നിട്ട് കയറ് നശിക്കുന്നതുവരെ അയ്യായോടു കൂടി ചേർന്നേ ഇരിക്കത്തുള്ളൂ എല്ലാ കയറിനും സ്വന്തം മാനിക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെയല്ല അന്യതായി രജ്ജുവായവ ഏകമൈവത്തിൽ ഉൽക്കണ്ണാസിയോ അല്ലെങ്കിൽ രജുവിനെ പോലെ ആയി കയർ പോലെയാവും ഇവിടെ അങ്ങനെയല്ല മൂന്നും കൂടി കലരുന്നു കലർന്നിട്ട് പുതിയ മൂന്നുണ്ടാവുകയാണ് പുതിയത് മൂന്ന് നമ്മളത്തെ വ്യത്യാസം തേജോപന്നേജ് തേജസ് അപ്പ് അന്നം തേജസ് അപ്പ് ജലം തേജസ് തേജസ് അന്നം പൃഥിവി തേജോപന്നാനം പൃഥ്വി നാമപ്രതിയില എല്ലാം വെവ്വേറെ എല്ലാം കൂടെ ഒന്നായി ചേരുകയാണ് മൂന്ന് ഇഴകളെ പിരിച്ചു കയറായി ഇപ്പം മൂന്നും കൂടെ ചേർന്ന് ഒരു കയറായി അതുപോലെ ഉണ്ട് ഇവിടെ പൃഥ്വി പൃഥ്വിയായിരിക്കുന്നു ജലം ജലമായി നിൽക്കുന്നു അഗ്നി അഗ്നിയായി നിൽക്കുന്നു അങ്ങനെ ധരിക്കാൻ പാടില്ല സത്ത് എങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ഇരുന്ന് രണ്ടു മൂന്ന് വയസ്സൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി എടുക്കുന്നു അതുപോലെ സത്തെന്ന് പറയുന്ന ഒന്ന് ഒരു സ്ഥലത്തിരുന്ന് കൂട്ടിച്ചേർക്കുന്ന ഒന്നാണ് രുജുവിന്റെ ഉദാഹരണത്തിനൂടെ അങ്ങനെ ധരിക്കരുത് റിജുവിൻ്റെ ഉദാഹരണത്തിന് മൂന്ന് ഇയാളെ കൂട്ടിച്ചേർത്തു പക്ഷെ അവിടെ ഒരാളിരുന്ന് കൂട്ടിച്ചേർത്ത് ഒന്നാക്കി ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഇവിടെ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ ഒരാളില്ല പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് സത്തി സ്വയം സംഭവിക്കുന്നു സത്തിന്റെ ഒരു നിയമം വ്യവസ്ഥ അനുസരിച്ച് സംഭവിക്കുന്ന സത്തിൽ നിന്ന് വേറിട്ടവിടെ ഒരാൾ ഇതിനെ കൂട്ടിച്ചേർക്കാനില്ല ഇതിനെ പിരിച്ചെടുക്കാനില്ല ഒന്നും സൃഷ്ടിക്കും പ്രളയത്തിന് രണ്ടിനും സത്ത് തന്നെയാണ് കാരണം എന്നുവെച്ചാൽ അവിടെ ഒരു വ്യക്തികൽപ്പനയുടെ ആവശ്യമില്ല എന്നുള്ളത് ഭേദമുള്ളടത്തെ വ്യക്തികൽപ്പനയുണ്ട് തത്വത്തിൽ ഭേദമില്ല അതുകൊണ്ട് അവിടെ വ്യക്തികൽപ്പന വ്യക്തി ചിലപ്പോൾ പക്ഷേ വ്യക്തി പരമാർത്ഥമാണ് എന്തുകൊണ്ട് ആ വ്യക്തിഭാവം ഭേദത്തെ ഉണ്ടാക്കുന്നു സത്ത് മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നില്ല എന്നാ സൃഷ്ടി രണ്ടാമത് കാണുന്നു സൃഷ്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് സത്തങ്ങൾ വേറിട്ടൊരാളില്ല അങ്ങനെ ഇരിക്കെ പിന്നെ ത്രിവൽക്കരണമെന്ന് പറഞ്ഞാലെന്താണ് സത്തിൽ അജന്യമായ അനന്തശക്തികളുണ്ട് ആ ശക്തികളുടെ പ്രവർത്തനം കൊണ്ട് സത്വ തന്നെ സ്വയം ഈ രൂപത്തെല്ലാം മാറുന്നു ഇവിടെ ഇപ്പം മൂന്നെണ്ണം പറഞ്ഞു പൃഥ്വി തേജസ് ശബ്ദസ്പർശമായിട്ടും അത് തന്നെ മാറുന്നതെന്ന് എനി പറി തേജോബന്നാമപ്രത്യ ലാപഹസ്യാണ് അതുകൊണ്ട് തേജോ ബണ്ണങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നാവുന്നില്ല മൂന്നായി നിൽക്കുന്നത് നാമവും പ്രത്യവും പേരുകൊണ്ട് ിംഗ് തേജസ് ആപഹസ്ത്രീലിംഗം ഇമാ ഇമാ അന്നിതം അന്നൌസലിംഗം കൊണ്ട് ഇതം പൃഥ് നാമ പ്രത്യലാഭേ പ്രത്യേകിച്ച് നാമവും ജ്ഞാനവും ഉണ്ടാവുന്നു ഇത് അഗ്നിയാണ് ഇത് ജലമാണ് ഇത് പൃഥിവിയാണ് ഈ തലത്തിൽ നാമം കൊണ്ട് പ്രത്യേക ഞാനും ഉണ്ടാവുന്നത് ദേവതാന സംയു വ്യവഹാരസ്യ പ്രസിദ്ധി അതുകൊണ്ട് ദേവതാ വ്യവഹാരസം ഇതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്തുകൊണ്ട് അദ്വൈതം പരമാർത്ഥമാണെങ്കിൽ വ്യവഹാരം സംഭവിക്കും സംഭവിക്കാൻ പാടില്ല ഏകം അദ്വയം ആയിരിക്കുന്ന സ്വത്ത് മാത്രമാണെങ്കിൽ വ്യവഹാരങ്ങൾ സംഭവിക്കും വ്യവഹാരസിദ്ധി അത് അദ്വൈതത്തിലൊരു മു ചർച്ചാ വിഷയമാണ് വ്യവഹാരസിദ്ധി അതങ്ങനെ സംഭവിക്കും അതിനാണ് നമ്മുടെ സമ്മാനം പറഞ്ഞത് സമയ വ്യവഹാര സ്യ പ്രസിദ്ധി പ്രയോജനസ്യ വ്യവഹാരസിദ്ധി എന്തുകൊണ്ടുണ്ടാവുന്നു നേരത്തെ പറഞ്ഞ സത്തിലെ അചിന്തിയമായ നിയമങ്ങൾ അത് വ്യവഹാരസിദ്ധിക്ക് കാരണമായി തീരുന്നു അതിനു മായ ഈശ്വര നിയമം എന്ന് പറയുന്നത് ഏവം വീക്ഷിത് സ്വയം ദേവത തിസ്രോ ദേവത അനേനൈവ യഥോക്തേനൈവ ജീവേന സൂര്യപ്രതിയുമ്പോൾ അന്തപ്രവിശ്യ വൈരാജം പിണ്ടം സങ്കൽപ്പം സത്സങ്കൽപ്പം സത്തിന്റെ സങ്കല്പം സത്തിൽ സങ്കല്പം കൊണ്ട് സത്തിന് വികാരമൊന്നും സംഭവിക്കത്തില്ല ജീവനെ പോലും സങ്കല്പം കൊണ്ട് സ്വരൂപത്തിനൊന്നും സംഭവിക്കുന്നില്ല ഈശ്വരന് സങ്കല്പം കൊണ്ട് ഈശ്വരന്റെ അദ്വൈത നിഷ്ഠയ്ക്ക് ഹാനിയൊന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് സങ്കല്പം പരമാർത്ഥം ഉണ്ടാക്കുന്നുണ്ട് ഈശ്വരനാണെങ്കിലോ സമുദ്രത്തിലെ തിര പോലെ സത്തിൻ്റെ ഒരു തിര അതാണ് സങ്കല്പം അത് സത്തിന് അന്യമല്ല ആ സങ്കല്പം കൊണ്ട് വൈരാജം പിണ്ടം ഈ പിണ്ടത്തെ അനുസൃഷ്ടിച്ച ആ പിണ്ടത്തിൽ പ്രവേശിച്ചു പ്രഥമ ദേവദീനാമിച്ച പിണ്ടാൻ അനുപ്രവേശ്യ പൃഥ്വ തേജസ്സുകളിൽ പ്രവേശിച്ചിട്ട് യഥാസങ്കല്പമേന്ന് തന്റെ ആ സങ്കല്പമനുസരിച്ച് നാംരൂപേ വ്യാകരോത് നാംരൂപങ്ങളെ സൃഷ്ടിച്ചു അസുനാമ അയം ഇതം രൂപം ഇതാണിതിന്റെ പേര് ഇതാണിതിന്റെ രൂപം എന്നിങ്ങനെ സൃഷ്ടിച്ചു ശബ്ദത്തെ കുറിക്കുന്ന ശബ്ദം ആ വസ്തുവിനെ കുറിക്കുന്ന ശബ്ദം നാത്ര ശബ്ദത്തിന് പാത്ര വസ്തുവിനെ പാത്ര ശബ്ദം കുറിക്കുന്നു അപ്പൊ പല ഭാഷകളിൽ പാത്രത്ത് പറഞ്ഞാലും ദോഷമില്ല പലദേശത്ത് പല ഭാഷയാണല്ലോ അതുകൊണ്ട് ദോഷം വരുന്നില്ല അതുകൊണ്ട് സത്വൻ്റെ സങ്കല്പമനുസരിച്ച് കാലദേശങ്ങൾക്കനുസരിച്ച് ആ വസ്തുവിന് നാമം വരും അത് ഏത് നാമം വരാം ഇതാ സങ്കല്പമേവാ വ്യക്രോത് നാമരൂപേ വ്യാകരോ അസോ നാമ അയം ഇതം വിരൂപ ഇതം ഇതി എന്നിങ്ങനെ കേവലം ഭാവനയിലൂടെ സങ്കല്പത്തിലൂടെ കാലദേശങ്ങൾക്കനുസരിച്ച് നാമരൂപങ്ങളെ തന്നെ പ്രകടമാക്കി അപ്പം നാമം തുടങ്ങി സംസ്കൃതത്തെ മാത്രം ഗ്രഹിക്കണ്ട എല്ലാ ഭാഷകളുടെയും വ്യക്തവും അഭ്യക്തവുമായ എല്ലാ ശബ്ദങ്ങളെയും ഗ്രഹിച്ചു ആദ്യം ഇതിനെയൊക്കെ സംസ്കൃതത്തിലാണോ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുന്നത് ദേവദാന ഗുണപ്രധാന ഭാവേന ത്രിപുടം ത്രിപുടം ഏകീകാമകോതി ദേവത ഗുണപ്രധാന ഭാവം അനുസരിച്ച് അതായത് പൃഥ്വി എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നിന് പ്രാധാന്യമായി ഒരു ഗുണത്തിന് ജലത്തെ എടുത്തുകഴിഞ്ഞാൽ അതിന് ഒരു ഗുണത്തിനും പ്രാധാന്യമായി അഗ്നി എടുത്തു കഴിഞ്ഞാൽ വേറെ ഗുണത്തിനും പ്രാധാന്യമായി ഒന്നിന് പ്രാധാന്യം വന്നു മറ്റു രണ്ടും അപ്രധാനമാവും ഉദാഹരണം പറഞ്ഞാൽ തേജസ്സിൽ രൂപത്തിന് പ്രാധാന്യം വന്നപ്പോൾ ും രസത്തിനും പ്രാധാന്യമില്ലാതെ അഗനിയുടെ രസത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല അഗനിക്ക് സദാ ഗന്ധമില്ല പക്ഷെ രൂപമുണ്ട് ആണ് ഗുണപ്രധാന ഭാവം ഇതൊക്കെ ഒരു സയൻസ് പോലെ പഠിപ്പിക്കുന്നതല്ല ഒരു സങ്കല്പമാണ് സൃഷ്ടിന് സയൻസിനത് പറയാൻ പറ്റത്തില്ല സൃഷ്ടിച്ചതിനെ കുറിച്ച് സങ്കല്പിക്കുന്നു അതാണ് സയൻസ് പറയും സൃഷ്ടിയെ കുറിച്ച് നമ്മൾ പലതും സങ്കല്പിക്കുന്നു രണ്ടുമ്പോ വ്യത്യാസമുണ്ട് വസ്തു നിഷ്ഠമായി പഠിച്ചാൽ അങ്ങനെ പഠിക്കണമെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പിക്കണം ഇതെന്താണോ എങ്ങനെയാണോ ആത്മനിഷ്ഠമായി മനസ്സിലാക്കുമ്പോൾ യഥാസങ്കല്പമേവ സങ്കല്പത്തിനനുസരിച്ച് സൃഷ്ടി സങ്കല്പം പ്രതീതി അനുഭവം അതിനനുസരിച്ച് സൃഷ്ടി സൃഷ്ടിയെ അനുഭവം ഉൾക്കൊള്ളണം അത് യഥാസങ്കൽപ്പമേവാ സങ്കല്പം സൃഷ്ടിയെ നിലനിർത്തും വ്യാഘരോ അസൂനാമായും ഇതം വരും പോയി എന്ന് പറഞ്ഞതാണോ തിഷത്തേം വ്യാകൃതം തേജോപന്നയത്വ ത്രം യഥാനുഖലബിരിമിഡേഭ്യസ്രോ തന്മേ മോവിജ വിസ്കൃഷ്ടവധാരണ ആത്മതത്വത്തെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ തത്വത്തിൽ ജിജ്ഞാസയുണ്ടാവും ആത്മതത്വത്തിൽ തന്നെ ഒരാൾ തൃപ്തനാവണമെന്നില്ല ജിജ്ഞാസ ബഹിർമുഖമാകുമ്പോൾ വിഷയം വളരെ വിപുലമായി പോവും ബഹിർമുഖമാകുമ്പോൾ ജിജ്ഞാസയ്ക്ക് അനേക മുഖങ്ങൾ വരും അപ്പൊ ആ ജിജ്ഞാസയെല്ലാം സമാധാനപ്പെടുത്തണമെങ്കിൽ പരന്നോ പ്രപഞ്ചവിഷയമായിട്ടുള്ള ജിജ്ഞാസൊരവസാനം ഇല്ലാത്ത അന്തം അവസാനമാർഗം കണ്ടെത്താൻ സാധ്യത കണ്ടെത്തും തോറും കണ്ടെത്താൻ കൂടുതൽ വിളിപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷെ കാണുന്നതിന് സമാനം പറയാതിരിക്കാൻ പറ്റൂ പറ്റത്തില്ല അതുകൊണ്ടാണ് അതിനെ വിശദീകരിക്കുന്നത് നാമരൂപാഭ്യം വ്യാകൃതാനം നാമരൂപങ്ങളായി വ്യാകരിക്കപ്പെട്ടു പണ്ട് തുറന്നാൾ കാണുന്നതെല്ലാം നാമരൂപങ്ങളായി വ്യാകരിക്കപ്പെട്ടതാണ് പ്രകടമായതാണ് അപ്പൊ അതിനൊരു സമാധാനം പറയുന്നു അതിന് പറഞ്ഞു തേജോ വന്ന മേത്യുവിന തൃദ്ധാത്വം അത് മൂന്നാണ് അഞ്ചെന്നും പറയാം യഥാനുധനുധൈരിമാ പിണ്ഡേഭ്യതായി കാണുന്ന ഈ ജീവനു അന്യമായി ആ ജീവന് ബഹിർമുഖമായി ബാഹ്യമായി ബഹരിമാ ജീവൻ ബാഹ്യമായിട്ടാണ് അല്ലെങ്കിൽ അവിടെ അകവും പുറവും ഒക്കെ അവിടെ നിൽക്കാനും പിന്നെ ഭക്തിശ്രോ ദേവത മൂന്ന് ദേവതകൾ തിരുവ ഏകൈകാ ഭഗവതി ഓരോന്നിനും മുമ്പോന്നാക്കി ദേവതയെന്ന് പറയുമ്പോൾ ആദ്യം സത്തായവരെയൊരു ദേവത മാത്രം പത്തെന്ന് പറയുന്ന ദേവത ഏകമായിരുന്നു സങ്കൽപ്പിച്ച് ഒറ്റയ്ക്ക് പഞ്ചഭൂതങ്ങളെയും വിരാട് തുടർന്നു വരുന്ന പതിനാല് ലോകങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാത്രം ഉണ്ടാക്കുന്നതിന് കുലാലിന്റെ ആവശ്യമില്ലാത്ത അതുകൊണ്ടാണ് പുരാണങ്ങളിൽ ബ്രഹ്മാവ് തുടങ്ങി ഇങ്ങോട്ട് ലോകപാലകന്മാർ അവരവരെല്ലാം സൃഷ്ടിക്ക് ഓരോരുത്തരെ ഏർപ്പെടുത്തുന്നു അതുപോലെ ഇവിടെയും പറയും നാമരൂപാഭ്യം വ്യാകൃതാനാം തേജോപന്ന ആദ്യം തേജ വണ്ണം മൂന്നാക്കി പിന്നെ അതിലെ ദേവതകൾ ആ ദേവതകൾ പിന്നെ സൃഷ്ടി കെടുക്കുന്നു ബഹിരിമാ പിണ്ടെ ഭ്രോ ദേവത ത്രിവു ത്രിവു ഏകീകഭവതി ത്രിവുത്കരണവും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിലൊരു സൃഷ്ടിയുണ്ടായി ഒരു സൃഷ്ടി കെടുത്താൽ ഇതിനെ മൂന്നാക്കി പിന്നെ അതിനെ മുറിച്ച് രണ്ടാക്കി പിന്നെ അതിനെ ഓരോന്നിനെയും വീണ്ടും മൂന്നാക്കി പിന്നെ അതിനെ ഒന്ന് വെച്ചു ബാക്കി രണ്ടിൽ ചേർത്തു ഇങ്ങനെയുള്ളൊരു കഥ പറയുന്നതിന് വേണ്ടിയിട്ടല്ല അങ്ങനെയൊന്നും വാസ്തവത്തിൽ സൃഷ്ടിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നു അങ്ങനെയൊക്കെ മനസ്സിലാക്കി അതെല്ലാം സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വെറും പൊട്ടക്കഥകളായിരുന്നു അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു പൗരാണികമായ കൽപ്പനകൾ ഇപ്പോൾ ഒരാൾ സൃഷ്ടിച്ചു പിന്നെ പലരും സൃഷ്ടിച്ചു പലരും പലതും സൃഷ്ടിച്ചു അതൊന്നും കൂടെ ധരിപ്പിക്കാൻ പിന്നെ പ്രതീതിക്ക് ഒരു സമാധാനം പറയും മാത്രമാണ് ഇവിടെ എന്തായാലും തേജോപാന രൂപത്തിൽ ഭൂതങ്ങൾ നിലനിൽക്കുന്നു ഇതിനൊരു സമാധാനം വേണം അതാണ് ശ്രുതി പറയുന്നത് തന്മേ മമം നിഗത ബിജാനീഹി അത് വ്യക്തമായി മനസ്സിലാക്കുക വിസ്പഷ്ടം അവതാര ഉദാഹരണത ഇവിടെ എന്താ സംഭവിച്ചത് സൃഷ്ടി എങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഒരിക്കലും ആർക്ക് സമാധാനം കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് സൃഷ്ടി അതിനൊരു സമാധാനം എന്ന് പറയുന്നൊരു താത്കാലിക വ്യക്തിമാ അതും തത്വത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് പറയും സൃഷ്ടീനും തത്വത്തെ കാണും ഇവിടെ പറയും ത്രീ നിരൂപാണി ദേവസത്യം ഈ എങ്ങനെയാണ് ഒരു സത്തിൽ നിന്ന് ഈ മൂന്ന് രൂപങ്ങളുണ്ടായിട്ടും സത്ത് സത്യമായിരിക്കുന്നു അതുപോലെ ഈ മൂന്ന് രൂപങ്ങളിൽ നിന്ന് ഇനി പലതുണ്ടായാലും ഈ മൂന്ന് രൂപങ്ങൾ സത്യമായിരിക്കുന്നു അങ്ങനെ സൃഷ്ടിയെ പ്രതീതിയെ കണ്ടുകൊണ്ട് പ്രതീതിയെ കുറിച്ച് ചിന്തിച്ച് സത്യത്തിനെത്തിച്ചേരുന്നു സത്യത്തെ മാത്രമേ വിലപ്പെടുത്താൻ താൽപര്യപ്പെടുന്നുള്ളൂ മറിച്ച് പ്രതീതികളുടെ ഒരു വാസ്തവത്തെ അതാണ് മറ്റൊരു തര പ്രതീതിയെ കുറിച്ച് ചിന്തിച്ചാല് സൃഷ്ടിയെ കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യന്റെ ചിന്ത പോകുന്നത് എവിടെയാണ് എന്താണ് സൃഷ്ടിയിലെ വാസ്തവം സൃഷ്ടിക്കുള്ളിൽ സൃഷ്ടിയുടെ വാസ്തവത്തെ കാണാൻ ശ്രമിക്കും ഇവിടെ പറയുന്ന അതല്ല സൃഷ്ടിക്കുള്ളിലല്ല സൃഷ്ടിയുടെ വാസ്തവം അത് സൃഷ്ടിക്ക് ആധാരമായിട്ടാണ് അല്ലെങ്കിൽ സൃഷ്ടിയായിട്ടാണ് സൃഷ്ടിയെ തന്നെ പരമാർത്ഥമടുത്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്താണോ ഇതം വൃത്തികാലേ വി സദേവ എന്നൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല ഇതം വൃത്തികാലത്തിലും സത്ത് തന്നെയാണ് സൃഷ്ടിയെ തന്നെ സത്തായിട്ടെടുത്തോളൂ അല്ല സൃഷ്ടിക്കുള്ളിലൊരു സത്യത്തെ കണ്ടെത്താൻ പോയാന്ന് നടക്കത്തുള്ളൂ അല്ലെങ്കിൽ സൃഷ്ടി സത്യത്തിലാണോ സത്യമാകുന്ന ആധാരത്തിലാണോ സ്വപ്നത്തിന്റെ പുരൾ സ്വപ്നത്തിന് സ്വപ്ന ദൃശ്യത്തെ തേടിയാ കിട്ടും കിട്ടാത്തില്ല സ്വപ്നത്തിന്റെ ദൃശ്യത്തിന് കിട്ടാത്ത പോലെ തന്നെ ദൃശ്യത്തിന്റെ പൊരുൾ ദൃശ്യത്തിനും കിട്ടത്തില്ല എന്റെ പുരളുണ്ട് എവിടെ സ്വപ്നദൃഷ്ടാവൽ ജാഗ്രത ദൃഷ്ടാവൽ പിന്നെ മറ്റ് പറയുന്നതൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെയാ ഒരു സമാധാനം കേവലമായ ജിജ്ഞാസയെ സമിപ്പിക്കുക സത്യജിജ്ഞാസല്ല സത്യജിജ്ഞാസക്ക് ശമനം ദ്രഷ്ടാവിലേ ഉള്ളൂ ദൃശ്യത്തിലല്ല എത്ര ദേവതാനം ത്രിവുത്കരണമുക്തം ഉദാഹരണം ഉദാഹരണം ത്രിവുൽക്കരണത്തെ കുറിച്ച് പറഞ്ഞു അതിന്റെ ഉദാഹരണത്തെ ഉദാഹരണം എന്താണ് ഭാഷകാരം വ്യാഖ്യാനിക്കുകയാണ് എന്തിനാ ഉദാഹരണം എന്ന് പറയുന്നത് ഏകദേശ പ്രസിദ്ധി ഉദാഹരണം രജ്ജു സർപ്പത്തെ ഉദാഹരണമായിട്ട് പറയുന്നു ഇപ്പോൾ രജ്ജു സർപ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബ്രഹ്മസത്യം ജഗത്മിഥ്യ വെളിപ്പെട്ടു കഴിഞ്ഞാൽ ഏകദേശ പ്രസിദ്ധി എന്ന് പറയുന്നതാണ് എന്തായാലും അത് അനുഭവത്തിന്റെ ഭാഗമാണ് ബ്രഹ്മവും പ്രപഞ്ചവും പോലെ തന്നെ അല്ലെങ്കിൽ ജീവനും പ്രതീതിയും എന്നതുപോലെ രജ്ജുവും സർപ്പവും ഒരു പ്രതീതിക്ക് വിഷയമാണ് അവിടെ ഒരിടത്ത് എന്താണ് രജ്ജുവിൻ്റെ തത്വം എന്താണ് സർപ്പത്തിന്റെ തത്വം എന്ന് മനസ്സിലാക്കിയാൽ അതാണ് ഏകദേശ പ്രസിദ്ധ്യ അശേഷ പ്രസിദ്ധ്യർത്ഥം അപ്പം മനസ്സിലാവും എന്താണ് സത്യം എന്താണ് മിഥ്യ സത്യമിഥ്യാത്വങ്ങളുടെ തത്വം പിടിയിട്ട് അതാണ് അശേഷപ്രസിദ്ധിയർത്ഥം ഉദാഹരണീയത അതിന് ഉദാഹരണം ഉദാഹരണം എന്ന് വെച്ചാൽ ഉദാഹരീത രീതി ഉദാഹരണം അതാണ് എന്റെ വിദ്വത് എന്താണ് ഉദാഹൃതീയത എന്ന് പറഞ്ഞാൽ അശേഷപ്രസിദ്ധ്യർത്ഥം സത്യമിഥ്യാത്വങ്ങളുടെ താല്പര്യം തത്വം രജിസർപ്പത്തിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ടത് ഉദാഹരണമാണ് അ്നി ത്രിത രോഹിതം രൂപം പ്രസിദ്ധം രൂപീ തത് അത്രിതേജസ്വ രൂപം ഇത് വിധി അഗ്നിയിലൊരു വർണ്ണമുണ്ടാവണം ഒരു ചുവന്ന വർണ്ണം നിറം ഒരു ചുവപ്പ് നിറം എന്താ നിറം അതാണ് ആ വാസ്തവത്തിലുള്ള അഗ്നിയുടെ ആ ദേവത സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന അഗ്നിയുടെ നിറം അതാണ് എന്നിട്ട് അതാണ് അതിന്റെ തലിമയായ നിറം യഥാ യത് ശുക്ലം രൂപം അഗ്നിവാം അത്രി കൃതാനാം അഗ്നി നോക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത നിറം കാണുന്നുണ്ടല്ലോ ഒരു സ്വച്ഛത ജലത്തിൻ്റെതാണ് യത് കൃഷ്ണം അഗ്നി തന്നെ ഒരു കറുപ്പ് അഗ്നിയുടെ തദാന്യസ്യത് പൃഥിവിടെ ത്രിവുത്കൃതം കൊണ്ടുവന്ന ഗുണം അതാണ് അഗ്നിയിൽ തന്നെ മൂന്നും കാണാൻ കഴിയുന്നു തദാന്യസ്യ ത്രികൃതായ ഇത് പഞ്ചീകരണത്തെ ചർച്ച ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ് അപ്പൊ അഗ്നിയിൽ കാണുന്ന മൂന്ന് നിറങ്ങൾ അത് അഗ്നിയുടെയും ജലത്തിന്റെയും പൃഥ്വിടെയുമാണ് തത്രിവസീ രൂപത്രം വ്യതിരേഖകുന്ന അഗ്നി രീതി മനുഷ്യത്വം അഗ്നേഹി അഗ്നിത്വം വിധാനും അപക അപഗതം ഇത് മൂന്നുമല്ലാതെ എന്താ പിന്നെ അഗ്നിയിലുള്ളത് അഗ്നി എന്ന് പറയുന്ന എന്താ ഈ കാണുന്നു പ്രതീതമാകുന്നു ആ പ്രതീതമാകുന്ന മൂന്നും എന്താണോ ആ സൃഷ്ടികൾക്ക് അവസൃഷ്ടിച്ചാൽ നമുക്ക് പ്രതീതമാകുന്നില്ല പ്രതീതമാകുന്ന ഈ മൂന്നും അതിന്റെ രോഹിതവർണം അതിന്റെ ശുക്ലവർണം അതിന്റെ തമോരു ഇത് മൂന്നും മനസ്സിലായത് മൂന്നാണ് പിന്നെ അഗ്നിയിൽ എന്താ ഉള്ളത് അഗ്നി എന്ന് പറയുന്ന ഒന്നില്ല ഇതാണ് ഈ രീതി അതിനെ വിശകലനം ചെയ്ത് അത് സത്യം നിന്ന് വേറെ അല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് പ്രാഗ്രൂപത്രേ വിവേക വിജ്ഞാനാദേഗ്നി രാശി അഗ്നി ബുദ്ധി അപഗത അഗ്നിശ്ദ അഗ്നിബുദ്ധി ഇല്ലെങ്കിൽ അഗ്നിശബ്ദം വസ്തു ഇല്ലാതാകുമ്പോ ശബ്ദം ഇല്ലാതാകുന്നു പറയുന്നതാണ് ഒരു വസ്തുവിനെ കാണുമ്പോ പ്രസവത്തെ കാണുമ്പോ ശബ്ദം വരുന്നു ഈദ് പറയുന്നു പുസ്തകം ഇതിന് അനേകമായ അനന്തമായ ശബ്ദങ്ങൾ അതിനെ കുറിച്ചുണ്ടാകുന്നു അതിന്റെ ആകൃതി നീളം ഗുണം ഭീതി ഖനം തുടങ്ങിയ എന്റെ വിഷയം അങ്ങനെ പോയിക്കഴിഞ്ഞാൽ അവസാനമുണ്ടോ ശബ്ദത്തിന് ശബ്ദം അനന്തമായി പോകുന്നു അതുകൊണ്ട് പറയുന്നു വസ്തുവിനെ ആശ്രയിച്ചാണ് നാമത്തിനും രൂപത്തിനും പ്രാധാന്യം വരുന്നതാണ് രൂപമെന്ന് പറയുന്നത് വസ്തുവിലാണ് നാമം എന്ന് പറയുന്ന വക്താവിൽ എന്നാൽ രണ്ടിനും ഒരേ സ്ഥാനമാകടുന്നു ില്ലെങ്കിൽ പിന്നെ അവിടെ വക്താവിൽ നിന്ന് ശബ്ദവും ഇല്ല എന്റെ മുമ്പിൽ പുസ്തകം ഇല്ലെങ്കിൽ എനിക്ക് പുസ്തകത്തിൽ ഇതെന്ന് പറയാൻ പറ്റത്തില്ല പുസ്തകമെന്ന് പറയാൻ പറ്റത്തില്ല വക്താവിൽ നിന്നാണ് ശബ്ദം നിർവഹി നിർഗമിക്കുന്നതെങ്കിലും അത് വസ്തുവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് വസ്തുവിനൊരു വലിയ പങ്കുണ്ട് ശബ്ദത്തെ നിലനിർത്തുന്നതിന് അതുകൊണ്ട് വസ്തുവിനെങ്കിൽ ശബ്ദത്തിന്റെ ആവശ്യമുണ്ട് നമുക്ക് സ്ഥൂലമായ ശബ്ദമില്ലാതെ നിർത്തും ശബ്ദത്തിൻ്റെ സൂക്ഷ്മമായ രൂപം നന്നാക്കാം ഒരു സ്ഥൂലമായ ശബ്ദം നിലനിർത്തില്ല അതുകൊണ്ട് ശബ്ദശൂന്യമായി കഴിഞ്ഞാൽ എങ്ങനെയാണോ പ്രകാശൂന്യമാവുമ്പോൾ വക്താവ് അന്ധനാകും അല്ലെങ്കിൽ ദ്രഷ്ടാവ് അംഗനാകും അതുപോലെ ശബ്ദശൂന്യമായി കഴിഞ്ഞാൽ പ്രപഞ്ചപ്രതീതി മൂകമാനും നമ്മുടെ പ്രപഞ്ചപ്രതീതിക്ക് ശബ്ദത്തിനൊരു വലിയ പങ്കുണ്ട് നമ്മള് ശബ്ദത്തിന്റെ പ്രാധാന്യത്തെ കൂടെ പറയുന്നു ശബ്ദത്തിന് ശബ്ദിക്കാൻ കഴിയാത്തവനും പ്രപഞ്ചമില്ലേ എന്ന് സംസാരിക്കാൻ കഴിയാത്തവനും പ്രപഞ്ചമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലും ശബ്ദം രൂപത്തോട് ചേരുമ്പോ പ്രപഞ്ചത്തിന്റെ പ്രതീതിക്ക് വ്യത്യാസം വരും ശബ്ദത്തിന്റെ പ്രാധാന്യത്തെ പറയും ഈ മൂന്ന് രൂപങ്ങൾ അഗ്നിയുടെ മൂന്ന് രൂപങ്ങൾ പോയാൽ അവിടെ അഗ്നിശബ്ദ അഗ്നി ശബ്ദമില്ല അഗ്നി എന്ന് പറയുന്ന വസ്തുവുമില്ല പോയി രണ്ടും പോയി യഥാദൃശ്യമാന രക്തോപാന സംയുക്ത സ്ഫടിക ഗൃഹ്യമാണ് പത്മരാഗു അയമിതി പ്രയോജകോ ഭൗതി तद दे, കണ്ണാടിയുടെ മുമ്പിൽ ജപാകനും ചെമ്പരത്തിപ്പോ വെച്ചു ഇത് രണ്ടും വേർതിരിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് പ്രശ്നമില്ല ഇതിന്റെ പാകുസുമമാണ് ഇത് കണ്ണാടിയാണ് എന്ന് വേർതിരിച്ചറിഞ്ഞാൽ അവിടെ പ്രശ്നം തീർത്തു വിവേകം അതിനെ പരിഹരിക്കും പക്ഷെ വേർതിരിച്ചറിയുന്നില്ലെങ്കിൽ അയാൾ വ്യക്തമായും അനുഭവം ഉണ്ടാവും എന്താണ് രക്ത നിറമുള്ള കണ്ണാടി എന്ന അനുഭവം തന്നെ ഉണ്ടാവുന്നു വിവേകം കൂടാതെ ആ അനുഭവത്തെ ഇല്ലാതാക്കാൻ മറ്റു യാതൊരു വഴിയും എത്രയൊക്കെ ശ്രമിച്ചാലും ശരി കണ്ണാടിയിലെ പ്രതിബിംബം കണ്ടിട്ട് കണ്ണാടി രക്തവർണമെന്ന് തന്നെ ധരിക്കും ഉദാഹരണ ശിശു തന്നെ ശിശു കാണും ശിശു കണ്ടുകഴിഞ്ഞാൽ ചെയ്യുന്നു അത് രക്തവർണം തന്നെ കണ്ണാടി രക്തനിറമാണെന്ന് തന്നെ ധരിക്കും ആ അനുഭവം ദൃഢമാണ് ആ അനുഭവത്തിന് മാറ്റം വരുന്നത് ജീവനെ സംബന്ധിച്ച് പ്രപഞ്ച പ്രതീതി അത്രമാത്രം ദൃഢമാണ് പ്രതീതി ഇല്ലാതാക്കാൻ സാധ്യമല്ല പക്ഷെ വിവേകം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നു ഇത് കണ്ണാടി സ്വച്ഛമാണ് പുഷ്പത്തിന്റെ വർണ്ണമാണ് എന്ന് വന്നുകഴിഞ്ഞാൽ ഭ്രാന്തി മാറുന്നു കണ്ണാടി രക്തമാണെന്നുള്ള ആഭ്രാന്തി മാറുന്നു പ്രതീതി നിലനിൽക്കുന്നു എന്തുകൊണ്ട് പ്രതീതി നിലനിൽക്കുന്നു കണ്ണാടി മുമ്പിലുണ്ട് പുഷ്പമുണ്ട് കണ്ണുണ്ട് കാണുന്നവനുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ പ്രതീതി നിലനിക്ക് അഗ്നിയുടെ അഗ്നിബുദ്ധി നിവർത്തിച്ചു ചിന്തയിലൂടെ അഗ്നി ഇല്ലാതാകത്തില്ലോ അഗ്നി ബുദ്ധിന്ന് കൊടുത്തേക്കും അഗ്നി എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായ തത്വമല്ല അഗ്നി കാണുന്ന ഇതെല്ലാം ഈ ഭൂതങ്ങൾ കൂടിച്ചേർന്ന് കാണുന്നതാണ് ഇത്തരത്തിലുള്ള തത്വം പറയും പക്ഷെ അഗ്നി പ്രതീതി ഇല്ലാതാകുന്നില്ല ശബ്ദത്തിന് ആധാരമായി അവിടെ സ്വതന്ത്രമായി അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തുവില്ല എന്ന് ബോധ്യപ്പെടും പക്ഷെ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന അഗ്നിയുടെ ഒരു ഭൂമി ശബ്ദമൊന്നുമില്ലാതെ കാരണത്തില്ല പ്രപഞ്ചമൊന്നും ഓടിക്കൊളിക്കത്തില്ല അതിന് ഇടമില്ല പ്രപഞ്ചപ്രതീതി തുടർന്ന് തന്നെയിരിക്കും വിവേകം കൊണ്ട് ബോധ്യമാകുന്നു ഇത് കണ്ണാടിയാണ് ഇത് അതിൽ കാണുന്നത് കേവല പ്രതിബിംബമാണ് കണ്ണാടിയുടെ സ്വച്ഛത കൊണ്ടാണ് ആ പ്രതിബിംബം ഉണ്ടാകുന്നത് ഇത് പുഷ്പമാണ് തത്വത്തെ ഗ്രഹിക്കും തത്വഗ്രഹണം മാത്രമേ വിവേകം കൊണ്ട് സാധ്യമാണ് കണ്ണിന്റെ കാഴ്ച അതങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെ മാറ്റാൻ പറ്റത്തില്ല അതിനെ മാറ്റണമെങ്കിൽ സമാധി പോകണം അന്നെങ്കിൽ ഉറങ്ങും പറ്റും അദ്വൈതി അത് പോയി ഈ പ്രതീതി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതത് പ്രതീതമായാലും സുശക്തിന് ഇത് പ്രതീതമാകാതിരുന്നാലും ഒന്നുപോലെ പിന്നെ വിശേഷിച്ച് സമാധി പോയതിന് ഇല്ലാതാക്കിയിട്ടെന്താകണം എന്തും നേടാനാണ് സമാധിയിൽ പോയി പല പ്രത്യേക അനുഭവങ്ങളും അനുഭവിക്കാറുണ്ട് ജാഗ്രത്തിൽ എന്തെല്ലാം അനുഭവിക്കുന്നു അതുകൊണ്ട് ജീവന് ശാന്തി ഉണ്ടാകും ആ താൽക്കാലിക ശാന്തി ഉണ്ടാകും സുഖമുള്ള അനുഭവിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ശാന്തി ഉണ്ടാകും അനുകൂലതകൾ ചുറ്റുപാടുണ്ടെങ്കിൽ കുറച്ചൊരു ശാന്തി ഉണ്ടാകും പക്ഷെ അത് ക്ഷണികമാണ് അതിലും വലിയൊരു ശാന്തി സമാധിയിലുണ്ടാവും ദീർഘമായ ശാന്തി പക്ഷേ സമാധിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അതേ ചുറ്റുപാടുകൾ തന്നെ അതേ നാമരൂപങ്ങൾ തന്നെ ജീവനെ പിടികൂടുന്നു സമാധിയിൽ സ്വപ്നത്തിലേക്ക് പോയാലും അവിടെയും ഇതേ നാമരൂപങ്ങൾ വീണ്ടും പിടികൂടും അതൊന്നും മോചനമില്ല പ്രതീതിയിൽ നിന്നും മോചനം സാധ്യമല്ല ഏതു തരത്തിലായാലും ശരിയും അത് തൽക്കാലം അതിനെ നിരോധിക്കാം മാറ്റിവയ്ക്കാം പക്ഷെ ഈശ്വര സൃഷ്ടമായതിനെ ജീവനെ നിരോധിച്ച് നിർത്താൻ പറ്റത്തില്ല തൽക്കാലത്തേക്കേ പറ്റും അതൊരു വൃക്ഷത്തിന്റെ സ്ഥിരത്വം മുറിച്ചുകളയും പോലെയാണ് വീണ്ടും വീണ്ടും അത് വിളിച്ചു വന്നുകൊണ്ടേ എന്റെ സർവ്വദാഹ സംഭവിക്കുന്നത് ജ്ഞാനാഗ്നി ജ്ഞാനാഗ്നി കൊണ്ട് സമ്പൂർണ്ണ ദാഹ സംഭവിക്കും അപ്പോൾ പ്രതീതി ഒന്ന് സ്പർശിക്കാൻ ഒക്കെ തന്നെ പ്രതീതിയാണെന്ന് ബോധ്യം വരുമ്പോൾ മാറുന്നു ഇവിടെ ചുവപ്പ് പുഷ്പ ഒരാള് ഒരു കുട്ടിയെ അത് കാണുന്ന എന്താണ് പത്മരാഗം മുത്തായിട്ടോ മാണിക്യമായിട്ടോ വൈഡന്ധ്യമായിട്ടോ ഒക്കെ കാണുന്നു കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ആകർഷകൊണ്ട് കുട്ടി അതിനെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു ആശ്രമം കിട്ടാതെ വരുമ്പോഴുള്ള നിരാശ ഇതെല്ലാം ഒരു ദുഃഖപരമ്പരയുണ്ടാവും കുട്ടി എന്ന് തോന്നുമ്പോൾ വരുന്ന സന്തോഷം ഇതെല്ലാം വിവേകി നിന്ന് അപ്രത്യക്ഷമാകുന്നു കണ്ടുകൊണ്ടിരിക്കുക പ്രത്യക്ഷമാകുന്നു പ്രപഞ്ചം പ്രതീതമായിരിക്കും ദൃഷ്ടാന്തത്തിലൂടെ അത് പറയണം പ്രാഗ്രൂപത്രയവിവേക വിജ്ഞാനാതിബുദ്ധി രാസീ അഗ്നിബുദ്ധിയുടെ അപാക അഗ്നിബുദ്ധി പോയി അഗ്നിബുദ്ധി പോയി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ചൂട് അനുഭവപ്പെടുന്നില്ല അഗ്നിയെ കാണുന്നില്ല അങ്ങനെ ഒന്നും ധരിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നത് തത്വബോധവും പ്രപഞ്ചാനുഭവം രണ്ടും രണ്ടാണ് രണ്ടും കൂടി ഒന്നാകത്തില്ല പുസ്തകം കാണുമ്പോൾ നമ്മൾ പുസ്തകമായിട്ടറിയുന്നു പുസ്തകത്തിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് പുസ്തകമാണെന്നുള്ള അനുഭവം ഇല്ലാതാകത്തില്ല പുസ്തകത്തിന്റെ തത്വം എന്താ മനസ്സിലാക്കുന്നത് ഏതോരു വസ്തു അതിനെ അരച്ച് അത് പരത്തി അത് ഉണക്കി പിന്നെ അതിനെ കുത്തിക്കേട്ടി അതിൽ അക്ഷരത്തെ പതിപ്പിച്ച് പുസ്തകമാക്കിയെടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ഞാനും ഉണ്ടായി പുസ്തകത്തിൻ്റെ തത്വം പിടികിട്ടി ഇതങ്ങനെ ഒരു വസ്തുവല്ല പല വസ്തുക്കൾ കൂടി ചേർ ഇങ്ങനെ ഒന്നായതാണ് ഇതിൻ്റെ പറയുന്നത് കാണുന്നതല്ല അത് മറ്റെന്തോ ഒരു വസ്തുവിനെ ഇങ്ങനെ മാറ്റിയെടുക്കാണ് ഇത്തരത്തിൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ട് പ്രസ്തവ പ്രതീതി മാറത്തില്ല പുസ്തകത്തിൻ്റെ ഉപയോഗം മാറത്തില്ല അതുപോലെ പ്രപഞ്ച തത്വം മനസ്സിലാക്കിയൊണ്ട് പ്രപഞ്ചപ്രതീതിയൊന്നും മാറത്തില്ല അങ്ങനെ തത്വബോധമുള്ളവനും വ്യവഹാരത്തിൽ പശ്വാധിപിശ് അവശേഷ സാധാരണ മനുഷ്യനെ പോലെ തന്നെ വ്യവഹാരത്തിൽ എന്തെങ്കിലും വിലക്ഷണത വരുന്നതല്ല വ്യവഹാരത്തിൽ എന്തെങ്കിലും വിലക്ഷണത വരുന്നത് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർക്ക് മാത്രമേ വരൂ തത്വജ്ഞനം വരത്തില്ല എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ വ്യവഹാരത്തിൽ വിലക്ഷണത വരും അതില്ല തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യനെ പോലെ വ്യവഹാരത്തിലല്ല അല്ലെങ്കിൽ പിന്നെ അഭിനയിക്കണം തത്വജ്ഞനാന്ന വ്യത്യാസം ഇപ്പോൾ പ്രതീതിക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല തത്വബോധം കൊണ്ട് പക്ഷെ ആ തത്വബോധം എന്ന് പറയുന്ന ഒരു വിശേഷത മിഥ്യാബോധം എന്ന് പറയുന്ന ഒന്ന് മാറിപ്പോകുന്നു അതൊക്കെ ബുദ്ധിയുടെ തരത്തിൽ മാത്രം സംഭവിക്കുന്നു ബാഹ്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല താഴോട്ട് ഒഴുകും അങ്ങനത്തെ മരുന്നുകളുണ്ട് അത് കഴിച്ചാൽ മതി ആനന്ദം ഒഴുകും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പ്രതീക്ഷിക്കുന്നൊന്നും സംഭവിക്കത്തില്ല വികാരങ്ങളേതെങ്കിലും കൂടിക്കഴിഞ്ഞാലും ബുദ്ധിക്ക് താങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനന്ദം ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബുദ്ധി തകരാറായിട്ടു അന്ന് ബുദ്ധിക്ക് താങ്ങാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് ബുദ്ധി നിലനിൽക്കുന്നത് യഥാ ദൃശ്യമാന രക്ത ഉപധാന സംയുക്ത സ്പടികോ കാണുന്ന ഉപധാന ഉപാധി പുഷ്പമോ അല്ലെങ്കിൽ മുത്തോ മാണിക്യമോ മരതകമോ എന്തെങ്കിലും ഒരു സാധനം പഠികത്തിന് മുമ്പേ ഇരിക്കുന്നു ഗ്രഹ്യമാണ് ആഹാ ഒരാളതിനെ കാണുന്ന രണ്ടിനെയും പത്മരാഗോ അയമിരി ശബ്ദബുദ്ധിയോഹോ പ്രയോജകോ ഭവതി കാണുന്ന കുട്ടി അങ്ങനെയാ തിരിച്ചറിയാത്ത പോലെ തന്നെ പറയുന്നു ഇത് പത്മരാഗമാണ് ഇത് മാണിക്യമാണ് എന്നറിയുന്നു എന്തിനു വെറും നിഴലിന് കണ്ണാടിയിലെ നിഴലിന് പിന്നെ അതിനോട് ആകർഷകമുണ്ടാകുന്നു മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല എല്ലാം മനസ്സിലായിക്കോടുന്നു എപ്പോ ഉപാനിയവർ വിവേക ഏത് കാലം വരെ ആ തിരിച്ചറിവുണ്ടാകുന്നില്ലയോ അതുവരെ വിവേകമുണ്ടായാലോ അതിന്റെ എല്ലാ സങ്കല്പങ്ങളും എല്ലാ സ്വപ്നങ്ങളും എല്ലാം അവസാനിക്കുന്നു എങ്ങനെ ആ പത്മരാഗം കൈവശപ്പെടുത്താം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം മനസ്സിലാകുന്നു ഇതുവരെ താൻ ഇതിനെ സംബന്ധിച്ച് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം ഒരു സ്വപ്നം പോലെ ഒരുപാട് മനക്കോട്ട കെട്ടി പത്മനാകും തയ്ക്കലാക്കാമെന്ന് വിചാരിച്ചു അവരെ ഈ പ്രപഞ്ചത്തിന് നാമരൂപാത്മകമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാക്കുന്നു അവരുടെ ഭാവനകളുണ്ടാകുന്നു ബന്ധുവും മോക്ഷവും ഉൾപ്പെടെയുള്ള ഭാവനകളുണ്ട് ഈ ഭാവനകളെല്ലാം അസ്ഥാനത്താണ് പിന്നെ മനസ്സാവഴിക്ക് പോകുന്നില്ല സഞ്ചരിക്കുന്നില്ല മനസ്സിനെ നിരോധിക്കേണ്ട ആവശ്യമില്ല പിടിച്ചുകെട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ തത്വബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് മനസ്സുകൊണ്ടുള്ള അഭ്യാസങ്ങൾ ആവശ്യമില്ലെന്ന് പറയുന്നു പത്മരോഗമല്ല ഇത് വെറും നിഴലാണെന്ന് ബോധ്യം വന്നു ഒരുവൻ പിന്നവൻ എങ്ങനെ പത്മരാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും അതിന് നേടുന്നതിനുള്ള ഉപായങ്ങളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ പറ്റും ആ പത്മരാഭം കയ്യിൽ വരുമ്പോൾ വരുന്ന സന്തോഷം അത് നഷ്ടപ്പെടുക എന്ന് പറയുന്ന എങ്ങനെ ഉണ്ടാകും ഇനി സന്തോഷത്തെ നേടാൻ വേണ്ടിയിട്ടൊന്നിച്ച് ദുഃഖത്തെ ഒഴിവാക്കാനൊന്ന് പരിശ്രമിക്കുക ഇതൊക്കെ എങ്ങനെ സാധിക്കും കേവലം വിവേകം മാത്രം സങ്കല്പങ്ങൾ പോകുന്നു സങ്കല്പങ്ങളെ ആശ്രയിച്ചുള്ള പ്രവൃത്തി പോകുന്നു അതാണ് കർമ്മത്യാഗമെന്ന് പറയുന്നത് അല്ല പ്രാപഞ്ചികമായ പ്രവൃത്തിക്ക് വരെ യാതൊരു അടിസ്ഥാനമുണ്ട് പ്രവൃത്തി അവസാനിക്കുന്നു എന്ന് പറയുന്നത് അതാണ് എന്നാൽ കണ്ണു കാണാതിരിക്കുമോ വീണ്ടും പത്മരാഗം പോലെ തന്നെ തോന്നത്തില്ലേ പോകും സത്യമറിഞ്ഞാൽ ശരിക്കും ഇതൊരു പത്മരാഗം പോലെ തന്നെ ഉണ്ടല്ലോ എന്നും മനസ്സ് പറഞ്ഞു പിന്നീട് വരുന്ന വ്യവഹാരം പിന്നീട് വരുന്ന പ്രവൃത്തി പ്രവൃത്തി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് വീണ്ടും എങ്ങനെയാണോ അത് പ്രതീതമാകുന്ന അതുപോലെ കരണങ്ങളിലൂടെ എന്തൊക്കെ സംഭവിക്കാറുണ്ടോ ആ കാര്യങ്ങളെല്ലാം വീണ്ടും സംഭവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അല്ല കണ്ണാടിയിൽ കണ്ടവന് വിവേകമുണ്ടായി പിന്നെ കാഴ്ച കണ്ണിനനുസരിച്ചാണ് കണ്ണിന് നല്ല കാഴ്ചയുണ്ടെങ്കിൽ ആ കാഴ്ച നല്ല തീവ്രമായി കണ്ണാടി വെച്ച് കാണണമെങ്കിൽ അങ്ങനെ വെള്ളഴുത്തുണ്ടെങ്കിൽ കാണുന്ന വേറെ രീതിയിലായി കണ്ണാടി മാറ്റിയെ കാണുന്ന വേറെ രീതിയിലായി കാണുന്നവരിൽ തന്നെ കാഴ്ചക്കാരന്റെ നിലവാരമനുസരിച്ച് കാഴ്ചക്ക് മാറ്റം തരുത് അതുപോലെ അഗ്നിയാതി ബുദ്ധികൾ കാണുന്നവന്റെ സംസ്കാരമനുസരിച്ച് മാറും പക്ഷെ കാഴ്ച എന്നുള്ളതിന് മാറ്റമല്ല പ്രപഞ്ച വ്യവഹാരത്തിന് മാറ്റമില്ല അത് തുടർന്നുള്ള വ്യവഹാരത്തിൽ ഇല്ലാതാക്കേണ്ട കാര്യം വ്യവഹാര ഭീരുത്വം അതാണ് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അതുവരെ അതിന്റെ സംസ്കാരമാണ് ആ സംസ്കാരത്തിന്റെ പേരാണ് ദൗർബല്യം ദൗർബല്യമുള്ളവന് വ്യവഹാരത്തെ ഭയമാണ് അല്ലെങ്കിൽ വ്യവഹാരത്തിന് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ വ്യവഹാരത്തിന് തത്വജ്ഞാനത്തെ ബാധിക്കേണ്ട കാര്യമില്ല തത്വജ്ഞാനി ഒരിടത്തുനിന്നും ഓടി ഒളിക്കത്തില്ല തത്വജ്ഞാനിക്കൊരു ഗുഹയ്ക്കകത്ത് കയറി മോൻ തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല കാരണം േഷ്ട കാക്ഷതി ഒന്നിനും ഭയക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ എവിടെ നിന്ന് എങ്ങോട്ട് ഓടിപ്പോഷ്ട കാക്ഷീ അതിനോട് എങ്ങനെയാണോ യാതൊരു തരത്തിലുള്ള കാക്ഷില്ലാത്ത ഇത് പത്മരാഗമല്ല വെറും പ്രതീതിയാണെന്ന് പറഞ്ഞാൽ അതിനോട് കാക്ഷ അതിനോട് വിദ്വേഷവും വരുന്നില്ല വിദ്വേഷത്തിന്റെ കാര്യമില്ലല്ലോ ആസക്തി ഇല്ലാത്തതുപോലെ തന്നെ വിദ്വേഷവും പ്രപഞ്ചത്തെ എന്തിനു ദ്ദേഷിക്കണം വ്യവഹാരത്തെ എന്തിനുദ്വിക്കണം നാമരൂപങ്ങൾ എന്ത് ദേഷിക്കണം അതെന്ത് പിഴച്ചിട്ടാണ് ഒന്നിനെ ദേഷ്യിക്കണമെങ്കിൽ വെറുക്കണമെങ്കിൽ നമുക്കതിനോട് ശത്രുത വരണം ഇതെനിക്ക് പ്രതികൂലമാണെന്ന് തോന്നുന്നു അതിനെ വെറു ഇവിടെ പ്രതികൂലമായിട്ടെന്താ ഉള്ളത് അനുകൂലമായിട്ടൊന്നും പ്രതികൂലമായിട്ടൊന്നുമില്ല അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് തത്വജ്ഞാനം കൂടാതെ അത് മനസ്സിലാക്കില്ല തത്വജ്ഞാനിക്കെന്താ നിരോധിക്കാൻ പ്രതികൂലമായ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിരോധിക്കും നിരോധിക്കേണ്ട വൃത്തികൾ വൃത്തികൾ പ്രതികൂലമല്ല പിന്നെന്തിനെ നിരോധിക്കുന്നു വൃത്തികാര്യമാണ് വ്യവഹാരം മനോവൃത്തിയുടെ കാര്യമാണ് അത് പ്രതികൂലമല്ല പിന്നെന്തിനെ നിരോധിക്കുന്നു നിരോധിച്ചിട്ട് എന്താ നേടാൻ ഒരു മനഃശാന്തി ഉണ്ടാവുമെന്നോ ആർക്കാണ് മനഃശാന്തിക്ക് വിലയുള്ളത് മനഃശാന്തി ആർക്കാണ് വേണ്ടത് അസ്വസ്ഥതയുള്ളതിന് മാത്രം തത്വിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയില്ല അതുകൊണ്ട് സ്വസ്ഥതയ്ക്കവിടെ യാതൊരു വിലയും അശാന്തിയില്ലാതുകൊണ്ട് തന്നെ ശാന്തിക്കോടെ യാതൊരു പ്രസക്തിയും അശാന്തി ഉള്ളടത്തി ശാന്തി അവിടെ വ്യവഹാരത്തെ മറ്റും നിരോധിച്ചിട്ട് ശാന്തി ഉണ്ടാക്കേണ്ടി വരും അശാന്തി ഇല്ലെങ്കിൽ അങ്ങനെ ശാന്തി ശാന്തിക്ക് പിന്നെ എന്താ പോയ വേണ്ട പിന്നെന്താ അതാണ് തത്വനിഷ്ഠ എന്ന് പറയുന്ന നില അതീ ദ്വന്ദ്ങ്ങൾക്ക് ഉപരിയായ നില എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദ്വന്വാതീത എങ്ങനെ മനസ്സിലാവുന്നത് നമ്മൾ ദത്തിന്റെ ഒരു ഭാഗത്ത് പിടിക്കുക അശാന്തി അനുഭവിക്കുന്നുണ്ട് ശാന്തി ആഗ്രഹിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നുണ്ട് സുഖത്തെ ആഗ്രഹിക്കുന്നു അതിന് ഏതു വഴിക്ക് പരിശ്രമിച്ചാലും ശരി ഭൗതികമായി പരിശ്രമിച്ചാലും ശരി ആത്മീയമായി പരിശ്രമിച്ചാലും ശരി ഇത് രണ്ടും സ്ഥായി നിൽക്കത്തില്ല മനുഷ്യനെ ആത്മീയതയിലേക്ക് ആകർഷിക്കുന്നവർക്ക് വലിയ ആനന്ദവും മറ്റും വാഗ്ദാനം ചെയ്തിട്ടാണ് പരവുമായ ശാന്തി വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണോ ശാന്തിയും അശാന്തിയും സുഖവും ദുഃഖവും എല്ലാം ദ്വന്ദ്ത്തിന്റെ രണ്ട് ഭാഗമാണ് ഇവിടെ ദ്വന്ദ് അതീതമായ നിലയെ കുറിച്ചാണ് പറയുന്നത് ഈ ലോകത്തിലങ്ങനെ സാധ്യമാകും അതിനാണ് ഇവിടെ പറയുന്നത് സാധ്യമാകത്തില്ല എന്താണ് പ്രാഗാനസ്പടികയോ വിവേകവിജ്ഞാന വിവേകവിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് സാധ്യമാകത്തില്ല വിവേകവിജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ അശാന്തിക്ക് എന്താ മറുമരുന്ന് അതിന് ശാന്തിക്ക് നമുക്ക് എന്തെങ്കിലും പറഞ്ഞോളൂ ശാന്തിക്ക് വേണ്ടി നമുക്ക് പറയാം എന്താണ് വിവേകജ്ഞാനം ഇല്ലാത്തിടത്ത് നിങ്ങൾ ജവിക്കുകയോ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ സമാധാനമോ അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് തെറ്റെന്നല്ല ഇവിടെ പറയുന്നത് തത്വനിഷ്ഠയിൽ തത്വം നിലയിൽ പറയുകയാണ് ഞങ്ങളൊരു ഉപായത്തെ നിരാകരിക്കുന്ന അതൊരു പായം ഭൗതികമായ ഉപായം ആധ്യാത്മികമായ ഉപായം അത് തായിയായ ശാന്തി സമാധാനം സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് എഴുന്നേറ്റെന്ന് രണ്ടുകയും നോക്കി പറയണം ഞാൻ ഇത്ര വർഷമായി ജീവിക്കുന്നു എന്റെ മനസ്സ് പരിപൂർണ ശാന്തമാണ് പറഞ്ഞാൽ ഞാൻ ഈ പണിയിൽ നിന്ന് അവസാനിപ്പിക്കും നാളെ ഒരു പക്ഷേ സൂര്യനു ഇരിക്കില്ലെന്ന് പക്ഷെ ഇത് സംഭവിക്കത്തിന്റെ ഉറപ്പാണ് എന്തുകൊണ്ട് അത് ദ്വന്വമാണ് ദ്വന്ദ്ത്തിന്റെ ഒരു ഭാഗത്തെ മാത്രം പിടിച്ചു നിർത്താൻ പറ്റില്ല മറുഭാഗം കടന്നു വരും പ്രയാസപ്പെട്ട് ശാന്തി കൊണ്ടുവരുമ്പോൾ അശാന്തി ക്ഷണിക്കാതെ വരും അതൊരുപായം തന്നെയാണ് ദുഃഖത്തി അഭിഘാത ജിജ്ഞാസ അപഘാതവും വളരെ മുമ്പ് തന്നെ പറഞ്ഞുവെച്ചിട്ടുള്ള കാര്യങ്ങളും കപിലനും കാണാതനും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ തത്വനിഷ്ഠയിൽ എന്താണ് വിവേകവിജ്ഞാനേതു പത്മരാഗ ശബ്ദബുദ്ധി നിവർത്തിയതേ പത്മരാഗ ശബ്ദബുദ്ധികളെല്ലാം നിവർത്തിക്കുന്നു പത്മരാഗ ശബ്ദബുദ്ധി നിവർത്തകലേ ബാക്കിയെല്ലാം അവിടെയുണ്ട് വിവേകം കൊണ്ട് സംഭവിക്കുന്നത് എന്താണോ ഇത് പത്മരാഗമാണോ ഇതാ പത്മരാഗം ശബ്ദവും ബുദ്ധി നിവർത്തിക്കുന്നു പിന്നെന്താ ഇത് കണ്ണാടി ഇത് നിഴല് ഇത് ജപാകുസമം ഞാൻ കാണുന്നവൻ ഇതെല്ലാം അവിടെയുണ്ട് തദ്വേക വിജ്ഞാതുഹു അവനോട് പറയുന്നത് ജ്ഞാനീ വിവേകവിജ്ഞാപ് തദ്വത് അത്തരത്തിലൊരു അനുഭവമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചും അനുഭവം എന്ന് വെച്ചാൽ തത്വബോധത്തിൽ അയാൾ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു പ്രപഞ്ച അനുഭവത്തിൽ മാറ്റമൊന്നും വരുന്നുണ്ട് ചെല്ലു പറയും തത്വജ്ഞാനം പിന്നെ ഇതന്നെ ഒരു ലൈറ്റ് പോലെ കാണും ഒരു പ്രകാശം പോലെ ും ഭാവനകളാണ് പ്രത്യേകിച്ച് ഒരു ലൈറ്റും കാണത്തില്ല കത്തും ഞാൻ ഉണ്ടായിക്കഴിഞ്ഞു ഈ കാണുന്ന സൂര്യൻ്റെ ലൈറ്റ് ടൂവിൻ്റെ ലൈറ്റുമൊക്കെ കാണത്തുള്ളൂ ഈ ലൈറ്റിന് പ്രത്യേകിച്ച് കളർന്നും വരത്തില്ല അല്ല എന്റെ അങ്ങനെ കാണുന്നു വിശ്വാസം രക്ഷിക്കിട്ട് ഗുരുവിനേ ശേഷി എന്നേ പറയാൻ പറ്റും ഒന്നുമില്ലാതെ ഇരിക്കുന്ന അത്ര അതെങ്ങനെ നല്ലതാണ് അങ്ങനെയൊരു വിശ്വാസം എന്തുകൊണ്ട് തത്വജ്ഞനം വിവഹരിക്കുന്ന അജ്ഞനെപ്പോലെ രൂപത്വ രൂപമായി കണ്ട് ശബ്ദത്തെ ശബ്ദമായി കണ്ട് രസത്തെ രസമായി കണ്ട് ഗന്ധത്തെ ഗന്ധമായി കണ്ട് തത്വജ്ഞാനിയും വിവഹരിക്കും നമ്മൾ കാണുന്നുണ്ട് പിന്നെ തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ പ്രപഞ്ചത്തിനെന്ത് മാറ്റമാ വരുന്നു വരുന്നില്ല സംഭവിക്കുന്നുവർത്ത പത്മരാഗശ് നിവർത്തിക്കുന്നു അത്രമാത്രം നമത്ര ബുദ്ധിശ്ദകല്പന കിട്ടിയേ പ്രാഗ്രൂപത്രയ വിവേകർ അഗ്നിരെ വാസി തത് അഗ്നിയൊരു അഗ്നിത്വം പുരോഹിതാതിരുപണ ഉപഗാതിരി യുക്തം യഥാകന്തുപകർഷനെ പടാഭാവം ഓരോ നൂലായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വസ്ത്രം ഇവിടെ പിന്നോ പിന്നെ വീണ്ടും ആ നൂല് കൂടി ചേർത്താ വസ്ത്രം അതുപോലെ ഈ പ്രപഞ്ചയ്ക്ക് വരുന്ന സത്യബുദ്ധി ആ സത്യ സത്യബുദ്ധിയെ ആസ്പദമാക്കി വരുന്ന മാനസിക വികാരങ്ങൾ ആ വികാരങ്ങളിലാണ് സൗദൃത്വങ്ങളും മറ്റ് സർവവും അന്തർഭവിക്കുന്നത് ഇതിനെ തന്തുവിനെയും പടവുമായി വേർതിരിച്ചാൽ സത്യവും അസത്വവുമായി വേർതിരിച്ചു കഴിഞ്ഞാൽ ഹംസോ ഇവ ക്ഷീരോ ഇവ അമ്പു മിശ്രം വള്ളം കടന്ന പാലിനെ ഹംസം വരതിരിക്കുന്നതുപോലെ എന്റെ തത്വത്തെ മനസ്സിലാക്കുക അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത് ബുദ്ധിശക്തകൽപനായ ക്രിയതി ബുദ്ധിശക്തകൽപന കൊണ്ട് എന്താണ് ചെയ്യുന്നത് പ്രാഗ്രൂപത്ര വിവേകർണ ഈ രൂപത്തില വിവേകത്തിന് ഇതെല്ലാം ഒന്നായിട്ട് പ്രതീതമാവുന്നുണ്ടല്ലോ അതിനെ വിവേകിച്ചറിഞ്ഞോ ഇത് ഒന്നുമില്ല ഇത് മൂന്നെണ്ണം കൂടി ചേർന്നതാണ് എന്നിങ്ങനെയുള്ള വിവേകം കൊണ്ട് അതിന്റെ തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അഗ്നി അഗ്നിരേവാസി മനസ്സിലാവും കേവലം ഒരു തത്വമായിരുന്നു ആ തത്വത്തിൽ പലതും കൂടി ചേർന്ന് ഇങ്ങനെയൊക്കെ ആയതാണ് അഗ്നിയുടെ അഗ്നിത്വം അതിനൊരു വാസ്തവം നിലയുണ്ട് അഗ്നി ഒരു തത്വം അതന്നെ ഇപ്പോൾ കാണുന്നു തത്വം നിഷ്ടമായഗ്രഹിക്കുന്നു പ്രതീതി വീണ്ടും പഴയതുപോലെ കാണുന്നു അപാക ചിന്തിച്ച് അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു ഇതാണ് അതിന്റെ വാസ്തവ രൂപം എന്ന് മനസ്സിലാക്കുന്നു ഇത് യുക്തം എങ്ങനെയാണോ ഇവിടെ ഒരു വസ്തുവിന്റെ തത്വത്തെ ആഗ്രഹിക്കുന്നത് തന്ത്വും പടവുമായാലും ശരി പാത്രവും മണ്ണുമായാലും അഗ്നിയും അതിൻ്റെ രൂപങ്ങളുമായാലും ശരി അതുപോലെ ദൈവം ബുദ്ധി ശബ്ദം മാത്രമേ വഹി അഗ്നി പ്രിയതാഹ് ഈ കാണുന്നതും ഈ പറയുന്നതും മാത്രമല്ല അഗ്നി ഇതിൽ ഒരു അഗ്നിക്കൊരു സ്വരൂപമുണ്ട് അതിൽ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഈ കാണുന്ന പാചാരംഭണം അഗ്നിയുടെ നാമവികാരവും നാമധേയം നാമ മാത്രം അതുകൊണ്ട് ഇവിടെ ശ്രീ വീണ്ടും പറയുന്നു ഇതെന്ന് മനസ്സിലാകും അമൃതത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞതുപോലെ അഗ്നിയുടെ ദൃഷ്ടാന്തവും പറയുന്നു ഈ കാണുന്നത് വെറും വാഗാലംബനമാണ് ഇത് ഈ വികാരമെന്ന് പറയുന്നത് കേവല രൂപം മാത്രമാണ് നാമമാത്രമോ രൂപം മാത്രം ഇതിലൊരു തത്വമുണ്ട് എന്നത് ചിന്തിച്ചാൽ മനസ്സിലാകും ശ്രുതി പറയുന്ന തരത്തിൽ ആദ്യമൊരു തത്വം ഉണ്ടാക്കി പിന്നെ ആരും മൂന്നും കൂട്ടിച്ചേർത്ത് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സ്വീകരിക്കണമെന്നില്ല അത് പോട്ടെ ശ്രുതി പറയുന്നതിന്റെ താല്പര്യമുണ്ട് നമ്മൾ ഏത് വസ്തുവിനെയാണോ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാസ്തവ രൂപമല്ല പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുവിനും ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ മനസ്സിലാകും അതിന്റെ പിന്നിൽ ആ വസ്തുവിനെല്ലാം മറ്റൊരു തത്വമുണ്ട് ആ തത്വത്തിനൊരു മാറ്റം വന്നാണ് ഈ കാണുന്ന തത്വമായി മാറിയത് ഇതാണൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭൗതികമായി ഇതിനെ കുറിച്ച് പഠിക്കുന്നവരും ബുദ്ധിയുള്ളവർ കരുതുന്നവരും പറയുന്നത് കാണുന്ന ഒരു വസ്തു അതിന്റെ വാസ്തവ രൂപത്തിൽ കാണുന്നില്ല നമ്മൾ കണ്ണുകാണിച്ചു തരുന്ന കാഴ്ചയല്ല ആ വസ്തുവിന്റെ ഭൗതികമായ വാസ്തവം അവർ പറയുന്ന തത്വത്തെക്കുറിച്ചല്ല സത്യനെക്കുറിച്ചല്ല കാണുന്ന പദാർത്ഥങ്ങളുടെ ഭൗതികവാസ്തവും ഈ കാഴ്ചയല്ല അതെന്തു ആണ് അതിന്റെ പിന്നിൽ മറ്റെന്തോ ആണ് അതിന് ഊർജമൊന്നും അല്ലെങ്കിൽ എന്ത് എങ്കിലും അവരുടെ പുതിയ ഭാഷയിൽ പറയും അത് തന്നെ പറയുന്നത് നിങ്ങൾ കാണുന്ന ഈ വസ്തു ഈ നാനാരൂപത്തിൽ കാണുന്ന അഗ്നിയുടെ ഭൗതികമായ തത്വം ആത്മീയതത്വം അല്ല സത്വനെ കുറിച്ചല്ല പറയും അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭൗതികമായ തത്വം അത് അതിന്റെ പിന്നിലാണോ അപ്പോൾ എല്ലായിടത്തും എന്താണ് ഒരു തത്വം തത്വം എന്നുള്ളതിലേക്ക് പോകും ഇതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ തത്വം അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ തത്വം അപ്പം തത്വത്തിലാണ് തത്വമാണ് പരമാർത്ഥം അതോ അഗ്നിബുദ്ധിരവി മൃഷയ അതുകൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വസ്തുവിൻ്റെ വാസ്തവ രൂപമല്ല പ്രതീതി വാസ്തവ രൂപമല്ല വസ്തുവിൻ്റെ ഇത് വാസ്തവം എന്ന് കരുതിയാൽ അത് അല്ലാതിന്റെ തത്വത്വം മനസ്സിലാക്കുന്നവന് ഇത് തത്വം ഇത്ര സത്വനെ കാണുന്നവന് ഇതെല്ലാം സത്വം സത്തിനെ കാണാത്തവന് മനസ്സിലാക്കി കൊടുക്കാം ഇത് സത്യമല്ല പിന്നെ അതിന്റെ പ്രതീതി മിഷ മിഷായ വക്കിന്തരിത്ര സത്യം തൃ നിരൂപാണി പറയുന്നു ഈ ഭൗതികമായ അഗ്നിയിൽ ഭൗതികമായൊരു സത്വമുണ്ട് തത്വമുണ്ട് ഭൗതികമായ ജലത്തിൽ ഭൗതികമായൊരു തത്വം ഭൗതികമായ പൃഥിവിൽ ഭൗതികമായൊരു തത്വമുണ്ട് അതാണ് തത്വം കാണുന്നതല്ല ആ ഒരു തത്വത്തിൽ ഈ നാനാ രൂപങ്ങൾ വന്നിരിക്കുകയാണ് സത്യം നാണുമാത്രം രൂപ വ്യതിരുകയാണ് സത്യം അസ്ഥി അഗ്നിയെയും ജലത്തെയും പൃഥ്വിയെ ആ സത്വം സൃഷ്ടിച്ച ആ മൂന്ന് രൂപങ്ങളിൽ നിന്നും കൂടുതലായി ഇവിടെ മറ്റൊന്നുമില്ല വേറിട്ടൊന്നുമില്ല സർവം സർവാത്മകം എന്ന് പറയുന്നതാണ് ബോധ്യമായി ചിന്തിച്ചാൽ എല്ലാം എല്ലാമായിരിക്കുന്നു അഗ്നി ജലമായിരിക്കുന്നു ജലം അഗ്നിയായിരിക്കുന്നു അഗ്നി പൃഥിവി ആയിരിക്കുന്നു പൃഥ്വി അഗ്നിയായിരിക്കുന്നു അതേ പൃഥ്വി ജലമായിരിക്കുന്നു ജലം പൃഥ്വി ആയിരിക്കുന്നു ഇങ്ങനെ സർവം സർവാത്മകമായിരിക്കുകയാണ് ആ സർവം സർവാത്മകമായിരിക്കുന്നത് ഒരു മിശ്രിതം അതെങ്ങനെ കൂടിച്ചേർന്നെങ്ങനെ സത്യമാവില്ല അതിന്റെ പിന്നിലെ മൂന്ന് തത്വങ്ങളേ ഉള്ളൂ വ്യതിരേഖ സത്യം നാസ്റ്റീ ഇത് ഭൗതികമായ എങ്ങനെയാണോ അതുപോലെയാണ് ഇതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ സത്ത് ഏതൊരു സത്താണോ ഇതിനെയെല്ലാം സൃഷ്ടിച്ചത് അതാണിവിടെ ശ്വേതകേതുവിനെ ഉപദേശിക്കുന്ന അതാണ് നീ